ദ്ധ്യായം പതിനൊന്ന് അനന്തരം ഹാസോർ രാജാവായ യാബി ഇത് കേട്ടപ്പോൾ അവൻ മാതോൻ രാജാവായ യോബാബ് ഷിംറോൻ രാജാവ് അക്ഷാഫ് രാജാവ് എന്നിവരുടെ അടുക്കലും വടക്ക് മലം പ്രദേശത്തും കിന്നരോത്തിന് സമഭൂമിയിലും താഴ്വീതിയിലും പടിഞ്ഞാറ് ഡോർമേടുകളിലും ഉള്ള രാജാക്കന്മാരുടെ അടുക്കലും കിഴക്കും പടിഞ്ഞാറുമുള്ള കനാന്യർ പർവ്വതങ്ങളിലെ അമൂര്യർ ഹിത്യർ പെരിസ്യർ യബൂസ്യർ മിസ്പ്രദേശത്ത് ഹെർമോന്റെ അടിവാരത്തുള്ള ഹിവ്യർ എന്നിവരുടെ അടുക്കലും ആളയച്ചു അവർ പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യങ്ങളുമായി പുറപ്പെട്ടു ആ രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ മേരോം തടാകത്തിനരികെ വന്ന് ഒരുമിച്ച് പാളയമിറങ്ങി അപ്പോൾ യഹോവ യേശുവയോട് അവരെ പെടിക്കേണ്ട ഞാൻ നാളെ ഈ നേരം അവരെയൊക്കെയും ഇസ്രയേലിന്റെ മുമ്പിൽ ചത്ത് വീഴുമാറാക്കും നീ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളയണം അങ്ങനെ യേശുവയും പടചനമൊക്കെയും മേരോം തടാകത്തിനരികെ പെട്ടെന്ന് അവരുടെ നേരെ വന്ന് അവരെ ആക്രമിച്ചു യഹോവ അവരെ ഇസ്രയേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അവരെ തോൽപ്പിച്ചു മഹാനഗരമായ സീതോൻ വരെയും മിസ്രെഫോത് കിഴക്കോട്ട് മിസ്പെ താഴ്വീതി അവരെ ഓടിച്ചു ആരും ശേഷിക്കാതെ യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ യോശുവ അവരോട് ചെയ്തു അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളഞ്ഞു യോശുവ ആ സമയം തിരിഞ്ഞ് ഹാസോർ പിടിച്ച് അതിലെ രാജാവിനെ വാൾ കൊണ്ട് കൊന്നു ഹാസോർ മുമ്പെ ആ രാജ്യങ്ങൾക്കൊക്കെയും മൂലസ്ഥാനമായിരുന്നു അവർ അതിലെ സകല മനുഷ്യരെയും വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി ആരും ജീവനോടെ ശേഷിച്ചില്ല അവൻ ഹാസോരിനെ തീ കൊടുത്ത് ചുട്ടുകളഞ്ഞു ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെയൊക്കെയും ോശുവ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി കളഞ്ഞു യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതുപോലെ തന്നെ എന്നാൽ കുന്നുകളിലെ പട്ടണങ്ങൾ ഒന്നും ഇസ്രയേൽ ചുട്ടുകളഞ്ഞില്ല ഹാസോർ മാത്രമേ യോശുവ ചുട്ടുകളഞ്ഞുള്ളൂ ഈ പട്ടണങ്ങളിലെ കൊള്ളയൊക്കെയും കന്നുകാലികളെയും ഇസ്രയേൽ മക്കൾ തങ്ങൾക്ക് തന്നെ എടുത്തു എങ്കിലും മനുഷ്യരെയൊക്കെയും അവർ വാളിന്റെ വൈത്തലയാൽ സംഹരിച്ചു ആരെയും ജീവനോടെ ശേഷിപ്പിച്ചില്ല യഹോവ തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവയോട് കൽപ്പിച്ചു യോശുവ അങ്ങനെ തന്നെ ചെയ്തു യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല ഇങ്ങനെ മലനാടും തെക്കേദേശമൊക്കെയും ഗോശൻ ദേശമൊക്കെയും താഴ്വീതിയും അരാബയും ഇസ്രയേൽ മലനാടും അതിന്റെ താഴ്വീതിയും സേയിരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്ന് തുടങ്ങി ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തുള്ള ലെബാനോൻ താഴ്വരയിലെ െയുള്ള ദേശമൊക്കെയും യോശുവ പിടിച്ചു അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും അവൻ പിടിച്ച് വെട്ടിക്കൊന്നു ആ രാജാക്കന്മാരോടൊക്കെയും ഈ യോശുവ ഏറിയ കാലം യുദ്ധം ചെയ്തിരുന്നു ഗിബയോൻ നിവാസികളായ ഹിവ്യർ ഒഴികെ ഒരു പട്ടണക്കാരും ഇസ്രയേൽ മക്കളോട് സഖ്യത ചെയ്തില്ല ശേഷമൊക്കെയും അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ നിർമ്മൂലമാക്കുകയും കരുണകൂടാതെ നശിപ്പിക്കുകയും ചെയ്യുവാൻ അവർ നെഞ്ചുറപ്പിച്ച് ഇസ്രയേലിനോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് യഹോവ സംഗതി വരുത്തിയിരുന്നു അക്കാലത്ത് യോശുവെന്ന് മലനാടായ ഹെബ്രോൻ ദബീർ അനാബ് യഹൂദാ മലനാട് ഇസ്രയേല്യ മലനാട് എന്നീ ഇടങ്ങളിൽ നിന്നൊക്കെയും അനാക്യരെ സംഹരിച്ചു അവരുടെ പട്ടണങ്ങളോടുകൂടെ യോശുവ അവരെ നിർമ്മൂലമാക്കി ഗസയിലും ഗത്തിലും അസ്തോദിലും മാത്രമല്ലാതെ ഇസ്രയേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാക്യനും ശേഷിച്ചിരുന്നില്ല യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു യോശുവ അതിനെ ഇസ്രയേലിന് ഗോത്രവിഭാഗപ്രകാരം ഭാഗിച്ച് കൊടുത്തു ഇങ്ങനെ യുദ്ധം തീർന്നു ദേശത്തിന് സ്വസ്ഥത വന്നു